അതിനാൽ അതിൽ ഒരു ഭാഗം കൊണ്ട് അവനെ അടിക്കുവിൻ എന്നു നാം പറഞ്ഞു അങ്ങനെയാണല്ലാഹു സുഹാനഹുഅ ചായാല മരിച്ചവരെ ജീവിപ്പിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നതിനായി അവൻ തന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു